ം നൂറ്റി മുപ്പത്തി ഒന്ന് ദാവീദിന്റെ ഒരു ആരോഹണഗീതം യഹോവെ എന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല ഞാൻ നികളിച്ച് നടക്കുന്നില്ല എന്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല ഞാൻ എന്റെ പ്രാണനെ താലൂലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു തന്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതലെന്ന പോലെ എന്റെ പ്രാണൻ എന്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു ഇസ്രയേലെ ഇന്നുമുതലേ നെയ്ക്കും യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക